മദ്യത്തെയും ചൂതാട്ടത്തെയും കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു പറയുക അവയിൽ വലിയ പാപവും മനുഷ്യർക്ക് ചില ഉപകാരങ്ങളുമുണ്ട് എന്നാൽ അവയുടെ ഉപകാരത്തേക്കാൾ വലുതാണ് അവയിലെ പാപം എന്ത് ചെലവഴിക്കണം എന്ന അവർ നിന്നോട് ചോദിക്കുന്നു പറയുക നിങ്ങൾക്കധികമായിട്ടുള്ളത് ചെലവഴിക്കുക നിങ്ങൾ ചിന്തിച്ചുനോക്കുന്നതിനായി അള്ളാഹു സുബാനഹുവ ചാല നിങ്ങൾക്ക് ഇപ്രകാരം ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു